ഈ ഐഹിക ജീവിതത്തിലും പരലോകത്തും ഉറച്ച വാക്കുകൊണ്ട് വിശ്വസിച്ചവരെ അള്ളാഹു സുബഹാനുഹൂവറ്റ് ആല ഉറപ്പിച്ചു നിർത്തുന്നു അക്രമികളെ അള്ളാഹുസുബാനഹുവറ്റ ആല വഴിപഴപ്പിക്കുന്നു അള്ളാഹുസുബഹാനഹൂവറ്റ ആല ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു